ള് പറയുന്നതാണ് ഇതം രജതം എന്ന് ഞാനുണ്ടാകുമ്പോ ഇതം പ്രത്യക്ഷവും രജത സ്മൃതിയുമാണ് സ്മൃതിയുടെ പ്രത്യേകത എന്താണ് സ്മൃതി ഉണ്ടാകുന്നിടത്തെല്ലാം ആ രജതം എന്നുള്ള ഞാനുണ്ടാവും ഇന്നലെ ഞാൻ കണ്ട ആന ആന സ്മൃതി എന്ന് പറയുന്ന പൂർവത്തെ പരാമർശിക്കുന്ന ഇതാണ് ഇപ്പൊ കാണുന്നതിൽ ഈ പുസ്തകം എന്നേ പറയൂ ആ പുസ്തകമെന്ന് പറയത്തില്ല ഇവിടെ പറയുന്ന എന്താണ് ഇതൻ രജതം പറയുന്നത് രജതം ഞാൻ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രജതം എന്ന് വേണം പറയണ്ടത് പക്ഷെ ഇവിടെ ഈ രജതം എന്നല്ലേ പറയും അതെന്തുകൊണ്ട് വരുന്നു അവിടെയാണ് അഖ്യാതിവാദികൾ സ്മൃതി പ്രമോഷൻ സംഭവിക്കുന്നത് രജതം എന്ന് പറയുന്ന അത് എന്നുള്ളത് പോയി പ്രമോഷൻ അതിനെ ഉപേക്ഷിച്ച് ദോഷം കൊണ്ട് ദോഷം കൊണ്ട് അങ്ങനെ സംഭവിച്ചു രജതം മാത്രേ വരുന്നുള്ളൂ അത് രഹതം എന്ന് പറയുന്നത് രഹിതം വന്ന് കുമ്പുണ്ട് ഈ രഹിതം എന്ന് പറയുന്ന പറയുന്നത് ഇതിന്റെ ഭംഗം ഇതിന്റെ ഖണ്ഡനം പറയുന്ന എന്താണ് അത് പ്രധാനമായി പറയുന്നതൊന്ന് ബ്രഹ്മസ്ഥലത്തെ വിധം രഹിതവും ം സ്മൃതിയാണ് പക്ഷെ അത് നമ്മൾ പോയി നഷ്ടപ്പെട്ടു പോയി എന്നാണെങ്കിൽ വരുന്ന ദോഷം അനുമാനം നടത്തുമ്പോൾ പർവ്വതോ വന്യമാൻ ധൂമാവാ അവിടെ വന്യമാൻ എന്നുള്ള ഞാനും ഉണ്ടാവുന്നു അതിനെ സ്മൃതി എന്ന് പറയേണ്ടി സ്മൃതി എന്ന് പറയേണ്ടത് എന്തുകൊണ്ട് വന്നിമാൻ എന്നാണ് ജ്ഞാനം പർവത്തില് വന്യജ്ഞാനം ഉണ്ടാകുക അപ്പോ വേണമെങ്കിൽ പറയാം വന്യമാൻ എന്ന് പറയുന്നത് അനിമിതിയാണ് അത് വേറെ അനിമിതി സ്മൃതി സ്മൃതി വേറെ അനുമതി വേറെ വന്യുമാനം എന്ന് പറയുന്നത് ഞാനും എന്തുകൊണ്ട് സ്മൃതിയല്ല വേണമെങ്കിൽ പറയാം പർവ്വതത്തിൽ ധൂമത്തെ കണ്ടു വന്യെ സ്മരിക്കുന്നു എന്ന് പറയാം അത് അനുമതിയല്ല പർവ്വത വന്യമാനം എന്ന് പറയുന്ന ഞാനും അനുമതിയല്ല എന്ന് പറയാം പൂർവക്ഷം എന്തുകൊണ്ട് പർവ്വതത്തെ ധൂമത്തെ കണ്ടപ്പോൾ വന്യെ സ്മരിക്കുകയാണ് വന്യമാനം എന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കും പറയേണ്ടി വരും അങ്ങനെയല്ല അനുമാനം എന്ന് പറയുന്നത് അനുമതി ജ്ഞാനാണ് അതെങ്ങനെ സ്മൃതിയാവും കാരണം സ്മൃതിയാണെങ്കിൽ ആ വഞ്ഞി എന്ന് പോയത് കൊണ്ടാവും ഇപ്പോൾ സ്മൃതി അങ്ങനെ വരത്ത ഇന്നലെ കണ്ട ആ വഞ്ഞി ഇത് കണ്ടിട്ടായിരുന്നു ആ എന്ന് പറയുന്നത് െങ്ങനെയാ ഉണ്ടാവുന്നത് വന്യമാന ഉണ്ടാവുന്നുള്ളവന്യെന്നുണ്ടാവുന്നു അതുകൊണ്ടത് സ്മൃതി അനുമതിയാണ് അഖ്യാതിവാദി പറയുന്ന ആണെങ്കിൽ ഇവിടെയും പറയാം സ്മൃതിഭംഗം വന്നിട്ടു സ്മൃതി ഭംഗം വന്നിരിക്കും സ്മൃതി പ്രമോഷൻ മംഗളുടെ പ്രമോഷൻ ആ വന്നി എന്താണ് സ്ഥാനത്ത് ആ എന്നുള്ളതെന്ന് പോയി വന്നിമാനന്തയുള്ളൂ അതുകൊണ്ട് എന്താണ് ഇത് സ്മൃതി പ്രമോഷം എന്ന സ്മൃതിയാണ് ആ ദോഷം ഏതുപോലെ പറയുന്നു ഇതൊക്കെ രഹിത സ്മൃതിയാണെങ്കിലും അവിടെ സ്മൃതി പ്രമോഷം എന്ന പിന്നെ ഈ തർക്കം തുടർന്നു മനസ്സിലായി പർവ്വത വന്യുമാനം എന്ന് പറയുന്ന സ്മൃതി പ്രമോഷം എന്ന സ്മൃതിയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ അനുമതി എന്ന് പറയുന്ന ജ്ഞാനം പക്ഷെ വന്യുമാനം എന്ന് പറയുന്ന ഈ ജ്ഞാനം അനുമതിയാണ് അല്ലാതെ അത് സ്മൃതി പ്രമോഷം ംശം വിട്ടുപോയ സ്മൃതിയല്ല കാരണം സ്മൃതി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് തദാംശം ഇടത്തില്ല ആണ് കാർക്കേം പറയുന്നത് ദഖ്യാധിപാതി വെറുതെ പറയുന്നത് സ്മൃതി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നെന്താണ് തഥാംശം വിട്ടുപോകുന്നത് അതൊരിക്കലും വിടത്തില്ല പർവ്വതോന്മാനം എന്ന് പറയുന്നത് എന്താണ് സ്മൃതി പ്രമോഷം എന്ന സ്മൃതി അല്ല തന്നെയാണ് ഇതേ രജതം എന്ന് പറയുന്നത് എന്താണ് രജതം സ്മൃതി പ്രമോഷം എന്ന സ്മൃതി ആ തർക്കം ഇങ്ങനെ തുടർന്ന് അപ്പോ എന്താണ് ഹിതം രേതമെന്ന് പറയുന്നിടത്ത് അഖ്യാധിവാദി പറയുന്ന സ്മൃതി പ്രമോഷം എന്ന് പറയുന്ന ആശയം കഥം ചുമട്ടുപോയി ഇതിനെ കണ്ണിക്കുന്നതിനാണ് പറയുന്നത് സ്മൃതി പ്രമോഷ അത് തത്വസമീക്ഷയിലും ന്യായഗണികയിലും ഒക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു രൂപമാണ് ഞാൻ പറഞ്ഞു ചുരുക്കി അടുത്ത പക്ഷം മൂന്നാമത്തെ പക്ഷമാണ് എത്രഏത് അധ്യാസ തസൈവ വിപരീത ധർമ്മകൽപ്പന ആചക്ഷതേ മൂന്നാമത്തെ പക്ഷം ഇതിവിടെ പറയുന്നത് ഇത് അനിതാഖ്യാതിയുടെ പക്ഷമാണ് നിജ താർക്കികന്മാരുടെ പക്ഷം അത് വിശദീകരിക്കുന്നു എത്ര എന്ന് പറഞ്ഞാൽ ശക്തികാതോ ശക്തി അധ്യാസം ഷഷ്ടി സമാസം രചിതാകരുടെ അധ്യാസം എന്നുവെച്ചാൽ ശക്തികേട തന്നെ ശക്തിഗാതയർ വിപരീതധർമ്മകൽപ്പനം വിപരീതധർമ്മത്തെ അവിടെ കൽപ്പിക്കുകയാണ് വിപരീതർമ്മ രഹിതത്വ ധർമ്മത്തെ അവിടെ കൽപ്പിക്കുകയാണിത് അഞ്ചാഖ്യാതിവാദി പറയുന്നതാണ് എവിടെയാണോ ഇതൊന്നു തോന്നുന്നു ശക്തികളിൽ ഞാനോ ഉണ്ടാകുന്നു അവിടെ എത്ര ആ ശുക്തികയിൽ തന്നെ ഏതധ്യാസ ഏത് രീതിന്റെ ഉള്ളത് തസീവ ആ സ്ഥലത്ത് ആ ശക്തികയുടെ തന്നെ വിപരീതധർമ്മർമ്മത്തെ അവിടെ ശക്തികൾ രേതത്വധർമ്മിക്കുന്നു ഇവിടെ ഇത് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഈ പക്ഷം സിദ്ധാന്തത്തിലെന്താണ് സിദ്ധാന്തത്തിൽ സ്വീകരിച്ചിരിക്കുന്ന വിദ്യാസത്തെ ഭ്രാന്തിയെ സ്വീകരിച്ചിരിക്കുന്നു അത് വിശദീകരിക്കുന്നു നന്നു സന്താമ പരീക്ഷ കാണാം വിപ്രതിക പരീക്ഷകന്മാരെന്ന് വെച്ചാൽ പണ്ഡിതന്മാർ ഇതൊക്കെ ചിന്തിക്കുന്നവര് അരീക്ഷകന്മാർ അവർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടായിക്കോട്ടെ ഇപ്രതിപത്ത പല അഭിപ്രായം സ്വന്തമാൺ നാം ആയിക്കോട്ടെ എന്താ കാരണം ഇവിടെ മൂന്ന് പക്ഷം കാണിച്ചത് പല പണ്ഡിതന്മാർക്ക് ഈ ബ്രഹ്മത്തെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട് അതായിക്കോട്ടെ ഇപ്പോഴത്തെ പ്രകൃതിയെ രുചിമായാതെ ഇവിടെ എന്ത് സാധിച്ചു ഇവിടെ ഇപ്പൊ ഈ പക്ഷങ്ങളൊക്കെ കൊണ്ടുവരുന്നു മൂന്ന് വർഷം കൂടെ എന്തിനു കാണിച്ചു പ്രകൃതിയെ ദുഃഖ്യമായ സർവതാപി തോ അന്യ അന്യധർമ്മത ഭാഷകാലം പറയുന്നത് ഇത്രയോ സർവതാപി എല്ലാ പ്രകാരത്തിനും നോക്കിയാലും ശരി എന്നിട്ട് ഈ പല അഭിപ്രായങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ് അന്യസ്യമൊക്കെ ശുക്തിയിൽ അന്യധർമ്മ അവഭാസതാം രചതാനുഭവം ഇതാരും നിഷേധിക്കുന്നു ഇതാണ് ഭാഷകാരം പറയുന്നത് എല്ലാ പക്ഷം എടുത്തു കുറഞ്ഞാലും എല്ലാവരും പറയുന്നത് എന്താണ് ശുക്തിയിൽ രചതാനുഭവം ഉണ്ട് ഇതാരും നിഷേധിക്കുന്നില്ല എന്നാണ് അന്യസ്യ അന്യധർമ്മവഭാസത എന്ന ബില്ല അനുമാറ്റമില്ലെന്നുള്ളതാണ് ഇത് പണ്ഡിതന്മാർക്ക് മാത്രമല്ല തഥാക ഭാഷ്യത്തിൽ ലോകിയനുഭവ ലോകർ എന്നിട്ട് സാധാരണ മനുഷ്യരും പറയുന്നു എന്താണ് ശക്തി കാഹി രജത ഭാസത് ശക്തിയാണ് രേതമായി അനുഭവപ്പെടുന്നു ഇതെല്ലാവരും പറയുന്നുണ്ടല്ലോ ഇദ്ദേഹം പറയോ രേതമായി അനുഭവപ്പെടുന്നത് എന്താണ് ശക്തിയാണ് ഈ കാര്യം എല്ലാവരും സമ്മതിക്കുന്നുണ്ട് എന്നാണ് ഒന്ന് മറ്റൊന്നായി അനുഭവപ്പെടുന്നു എന്നാണ് ഭാമികാരം പറയുന്നു ഒന്നിനെ മറ്റൊന്നായി കൽപ്പിക്കുന്നത് ആണ് അനൃതം മിഥ്യ മിഥ്യ പാവതികാരം അതിനെ വ്യാഖ്യാനിക്കണം കക്ഷികാരം പറഞ്ഞ എന്താണ് ഒന്നിൽ മറ്റൊന്നിന്റെ അനുഭവം ഉണ്ടാവും അതിന് പാവതികാരം പറയുന്നത് എന്താണ് അത് അന്യസ്യ അന്യധർമ്മകൽപ്പന എന്നാണ് അത് അനുദമാണ് സാജ അനുർവചനീയത ഇതിനാണ് അനുവചനീയത എന്ന് പറയുന്നത് ഇത് ഞാൻ മുമ്പ് യുക്തിയുക്തമായി സമർപ്പിച്ചു ഇതാണ് ഒന്നിൽ മറ്റൊന്ന് അനുഭവപ്പെടുന്നത് അതിനെയാണ് അനുവചനീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നത് ഇത് ഞാൻ മുമ്പ് സമർപ്പിച്ചിട്ടുള്ളതാണ് മുമ്പ് എവിടെ സമർപ്പിച്ചോ എവിടെയാണ് സംബന്ധിച്ച ടീച്ചർ ശെദാർന്നുള്ള പറയുന്നു മാഹ്മദീകാരം പറയുന്നു മുൻപ് അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു മരീജയെക്കുറിച്ച് വിശദീകരിച്ചു ഹന്ദത് പോയ ഭാവാത്മനം മരീജി നാം പോയ ഭാവാത്മ තුന്തവന്ന സത് ജലം സത്തല്ലേ അത് അസത്വല്ല തസ്മാനം പറയും ന ഇത് സത്തല്ല മരു മരുഭൂമിയിലെ ജലം നാവി സദസത്വം സദസത്വമല്ല പരസ്പര വിരോധാതിരി അണ്ടർവാച്യമേവ ആരോപണീയം ആസ്ഥേയം അതുകൊണ്ട് എന്താണ് മരുഭൂമി കാണുന്ന ആ ജലത്തെ അതിന്റെ യുക്തികളൊക്കെ നേരത്തെ പറഞ്ഞു അതിനെ അണ്ടർവാച്യമായിട്ട് തന്നെ സ്വീകരിക്കണം തത്വസ് ന തോയം നൂർവധിഷ്ഠം പിന്തു അനുദം അനുവാസ്യം അതായത് അധ്യാസത്തിന് ലക്ഷം പറഞ്ഞു സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ഠാസ് അത് വ്യാഖ്യാനിച്ചിട്ട് അതിന്റെ അവസാന ഭാഗത്താണ് ഈ പറയുന്നത് അതുകൊണ്ട് ഈ മരുഭൂമിയിൽ കാണുന്ന ചിലവെന്താണ് മുമ്പ് കണ്ടതല്ല മറിച്ചത് അനർദമാണ് അനുവാചമാണ് ഏവഞ്ചദേഹേന്ദ്രിയാദിപ്രപഞ്ചോപി അനുവാചോ അത് ദേഹേന്ദ്രിയാദിപ്രപഞ്ചം എന്താണ് അണർവാച്യമാണ് ഈ കാര്യമാണ് പറയുന്നത് പ്രവാദിതം ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു സർവേഷമാണ് ഇവിടെ സർവേഷാമ പരീക്ഷ കാണാം മതേ എല്ലാ ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ എന്താണ് അന്യധർമ്മകൽപ്പന ഒന്നിനെ മറ്റൊന്നായി കാണുക അത് എന്താണ് ദാമതികാരൻ പറയുന്നത് അണുർവചനീയത ഇതിനാണ് അണിർവചനീയത അണർവചനീയതൊന്നും ഇവിടെ ക്ഷ്യകാരം പറയുന്നില്ല ഇനി പറയും ഇവിടെ പറയുന്നില്ല പക്ഷെ ഭാവനികാരം പറയാണ് അന്യസ്യ അന്യധർമ്മകൽപ്പന അണർവചനീയത ഒന്നിനെ മറ്റൊന്നായി കാണുന്നതാണ് അണർവചനീയത അതായത് മരുഭൂമിയുടെ ജലത്തെ കാണുന്ന അവശ്യം ഭാവനീയ സ്വീകരിച്ചേ പറ്റും അനുവചനീയത സർവതന്ത്ര അവിരുദ്ധോ അർത്ഥ അതുകൊണ്ട് ഈ അനുവദനീയത എന്ന് പറയുന്നത് സർവതന്ത്ര അവിരുദ്ധം ഇതിനാണ് സർവതന്ത്ര സിദ്ധാന്തം തന്ത്രോന്നിത്യ ശാസ്ത്രം സർവതന്ത്രോന്നിത്യ സർവശാസ്ത്രങ്ങളിലും അവിരുദ്ധമായിരിക്കുന്ന സമ്മതമായ സിദ്ധാന്തമാണ് എന്ത് ാര് പറയുന്നു പറയുന്നു ഭാമതികാരെത്തിരി ആവേശം കൂടി പറയുകയാണ് സർവരും സർവതന്ത്രം സർവശാസ്ത്രങ്ങളിലും അവിരുദ്ധമായ യോജിപ്പുള്ള വിരോധമുണ്ടാത്തതായ സർവതന്ത്ര സിദ്ധാന്തം എന്ന് പറയുന്ന ഉണ്ട് ശാസ്ത്രങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ അക്ഷിരേന്ദ്രിയം രൂപത്തെ ഗ്രഹിക്കുന്നു ശ്രവണേന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിക്കുന്നു ഇതൊക്കെ സർവതന്ത്ര സിദ്ധാന്തം വന്നുചെയ്തിനാൽ ആർക്കും എതിർപ്പില്ല ശ്രവണേന്ദ്രിയമാണ് എന്തിനെ ഗ്രഹിക്കുന്നത് ശബ്ദത്തെ ആർക്കും എതിർക്കാൻ പറ്റി അതുപോലെ അനുവചനീയത്വം സർവർക്കും സമ്മതമാണെന്നാണ് ആര് പറയുന്നത് യില ജലം സത്വ അസത്വമല്ല എന്നുള്ള കാര്യം അതുകൊണ്ടത് അനുലോചനീയം എന്നുള്ള കാര്യം എല്ലാവർക്കും സമ്മതമാക്കുന്നു ശുദ്ധികാര ജലവും എന്താണ് വിദ്യയാണ് അനുഭവചനീയമാണ് ഇതെല്ലാവരും സമ്മതിക്കുന്ന കാര്യം ആണോ ആണോ സർവശാസ്ത്ര വിരോധമില്ലാത്ത അവിരുദ്ധമെന്ന് പറഞ്ഞു അവിരുദ്ധമെന്ന് പറഞ്ഞാണ് ആർക്കും വിരോധമില്ലാത്ത ഭാഷ്യത്തിനോക്കണം ഭാഷന്ന് പറഞ്ഞ ഇതിന് ഈ എഴുതിയിരിക്കുന്നതിന്റെ നേരെ മുമ്പിലുള്ള ഭാഗം അന്യത്ര അന്യധർമ്മ അധ്യാസന്തി ണ്ടോ മൂലം ഭാഷ ഏ കേട്ടില്ല ഏ കേത്രമ അധ്യാസീതി വതന്തി കണ്ടില്ല ഇതിനെ ഭാഷ ഭാമതികാരം എങ്ങനെയാ വ്യാഖ്യാനിച്ചത് ഭാമധികാരൻ ഇതിനു വ്യാഖ്യാനിച്ചത് ജാനാകാര ഖ്യാതി എന്നാണ് ആത്മഖ്യാതിയായിട്ടാണ് അതായത് ഉള്ളിലിരിക്കുന്ന വിജ്ഞാനം പുറമെ രചതമായി അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഭാമധികാരൻ ആത്മഖ്യാതി അന്ത ബഹർവിലിരിക്കുന്ന പുറമേ ഉള്ളവർ തോന്നുന്നു അപ്പൊ പുറമേ എന്താ ഉള്ളത് അതില് വൈഭാഷികന്മാരും ശൂന്യവാദികളും മൂന്നുപേരുടെ അഭിപ്രായം പറയുന്നു സൌത്രാന്തികന്മാര് പറയുന്ന ശുക്തി ഉണ്ട് പക്ഷെ അത് അനുമേയമാണ് പ്രത്യക്ഷമാണ് വൈഭാഷികന്മാരെന്താ പറയുന്നു പുറമേ വസ്തു ഉണ്ട് ചിലത് അനുമാനിക്കാം ചിലത് പ്രത്യക്ഷമാണ് ശൂന്യവാദി എന്താ പറയുന്നത് പുറമേ ശൂന്യമാണ് ശൂന്യത്തിൽ രഹിതജ്ഞാനമാണ് രേതമെന്ന് പറയുന്നത് എന്താണ് ക്ഷണിക വിജ്ഞാനം എന്നാണ് പറഞ്ഞത് അവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഭാവധികാരം പറഞ്ഞു ുഷ്യന്തോ വദന്തി എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത് പറയുന്നത് അവിടെ ആത്മഖ്യാതി പറയുന്നത് അപ്പോ ഈ പറയുന്നത് അണുവചനീയമാണെങ്കിൽ അടുത്ത് വന്നതിനെ കണ്ടിക്കേണ്ട ആവശ്യമുണ്ടാമത്തെ പ്രശ്നം കെ എത്ര ഇത് അധ്യാസ ഇതിനെ ഭാമികാരം എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് രണ്ടാമത്തെ ഓർമ്മയിരിക്കുന്നു രണ്ടാമത്തെ ഭാവിധികാരം വ്യാഖ്യാന അഖ്യാധികം എന്ന് വെച്ചാൽ ഇതം രചിതം എന്ന് പറയുന്ന ഇതം പ്രത്യക്ഷവും ജലസ്മൃതിയുമാണ് കൂടെ പ്രത്യക്ഷവും സ്മൃതി രണ്ട് ജ്ഞാനമാണ് വിശിഷ്ട ജ്ഞാനമില്ല അതുകൊണ്ട് ഇവിടെ ഭ്രാന്തിയേ ഭ്രാന്തി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല പിന്നെ എന്താണ് ഹിതമെന്ന് പറയുന്ന ജ്ഞാനവും റേതം എന്ന് തമ്മിലുള്ള ഭേദാഗ്രഹം കൊണ്ട് ഹിതം തരുന്നുള്ളൂ ഒരു ജ്ഞാനം പോലെ തോന്നുന്നു രണ്ട് ജ്ഞാനമാണ് ഭ്രാന്തി ഇല്ലെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു ഇത് വിജ്ഞാനാകാരം എന്നുള്ളതിനെ ഖണ്ഡിച്ചു ആര് അഖ്യാതിവാദി ആത്മഖ്യാതിയെ ഖണ്ഡിച്ചു അപ്പോ ഇവിടെയും എന്താണ് അനുവചനീയത എന്ന് പറയുന്നത് ഇവരും അംഗീകരിക്കുന്നു എന്തായാലും അഖ്യാതിവാദി അവര് പറയുന്നത് ഭ്രഹ്മേ ഇല്ലെന്ന് പിന്നെവിടെ അനുവചനീയത അവരംഗീകരിക്കുന്നു പിന്നെ മൂന്നാമത്തത് അന്യതാഖ്യാതിയാണ് അന്യേതു എത്ര അധ്യാസ തസ്യ വിപരീത ധർമ്മത്വ കല്പന ഇത് പറയുന്നത് അന്യതാഖ്യാതി എന്നാണ് ഭാമധികാരം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഭ്രമത്തെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അന്യതാഖ്യാതി അനുവചനീയതയെ അംഗീകരിക്കുന്നുണ്ട് മനസ്സിലായത് ആദ്യം പറഞ്ഞത് ആത്മഖ്യാതിയാണ് ഉള്ളിലിരിക്കുന്ന പുറമേ അനുഭവപ്പെടുന്നു അവിടെ അനർവചനീയെന്ന് അവർ പറയുന്നില്ല രണ്ടാമത് പറയുന്ന അഖ്യാതിയാണ് അവിടെ ഭ്രമമേ ഇല്ല അവിടെയില്ല മൂന്നാമെന്ന് പറയുന്നത് അന്യതാഖ്യാതിയാണ് ഭ്രമമുണ്ട് അന്യതാഖ്യാതി പറയുന്ന എന്താണ് കടയിലിരിക്കുന്ന രഹിതം നമ്മൾ മുമ്പ് കണ്ട ഇവിടെ അനുഭവപ്പെടുന്നു എന്നാ പറയുന്നത് അന്യതാഖ്യാതി എന്ന് പറയുന്നത് അത് വിശദീകരിക്കുന്നു കടയിലിരിക്കുന്ന രഹിതമാണ് ഇവിടെ കാണുന്നത് അവിടെ ഭ്രമില്ലെന്നാണ് പറഞ്ഞത് പറയുന്ന മനസ്സിലാവുന്നില്ല ഭ്രമുണ്ട് അനുഗനീയത ഇല്ല അപ്പൊ ഇവിടെ ഈ മൂന്ന് പക്ഷം പറഞ്ഞാൽ ആദ്യം ആരുടെ പക്ഷമാണ് ക്ഷണിക വിജ്ഞാനവും രണ്ടാമത്തെ ആരുടെയാണ് ഏ ആരുടെ പക്ഷാണ് രണ്ടാമത്തത് ആദ്യത്തത് പറഞ്ഞ് രണ്ടാമത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേജിത്വ എത്രയേത് അധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനവും ഭ്രമ ഇതാരുടെ പക്ഷാണ് വാമതീകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്ന അനുസരിച്ച് ഇത് എല്ലാ വ്യാധിയും കൂടെ കറി നിങ്ങൾക്ക് കുഴഞ്ഞു മോറിഞ്ഞ് ഒരു ബോധമില്ലാതെ ആയി ഞാൻ വീണ്ടും വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് യക്ഷയും ഏ അന്യതി അന്യതാഖ്യാതി ആരുടെ പക്ഷോ അവസാനം പറഞ്ഞു പാമതികാരുടെ പക്ഷം പോയി താർക്കികൻറെ പക്ഷം പാമതികാരം വ്യാഖ്യാനിക്കുന്ന ഇതൊക്കെ കൊടിയുടെ പക്ഷാണല്ലോ രണ്ടാമത് പറഞ്ഞാലുടെ പക്ഷം രണ്ടാമത് പറഞ്ഞാലുടെ പക്ഷം അതാരണയാണ് പ്രഭാകര ഗുരു ആദ്യം പറഞ്ഞ ആരുടെ പക്ഷം ഭാഗവതീകാരൻ ക്ഷണികളുടെ ഇത്രയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ കേധ്യാസേ ഇത് പറയുന്നത് ക്ഷണികജ്ഞാനവാദം ഇതിന് ആത്മഖ്യാതി എന്ന് പറയുന്നത് ബൗദ്ധന്മാരുടെ പക്ഷം രണ്ടാമത്തേത് കേജിത്തു എത്രയേത് അധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനവും ഭ്രമം ഇത് പറയുന്നത് അഖ്യാതവാദമാണ് പ്രഭാകര ഗുരുവിന്റെ അനുയായികൾ പറയുന്നതാണ് ഈ പക്ഷത്തിന്റെ പ്രത്യേകത എന്താണ് ഈ പക്ഷത്തിന്റെ പ്രത്യേകത എന്താണ് ഈ രണ്ടാമത്തെ ം വ്യാഖ്യാനിക്കുന്നില്ല മൂന്നാമത്തത് എത്രയേത് അത്യാസ തൽപനാജക്ഷതെ ഇതായിട്ട് താർക്കികപക്ഷം ഇതിന്റെ ഇതിനെന്ത് ഖ്യെന്ന പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണ് ്രമം ഭ്രമം ഭ്രമുണ്ടെന്ന് പറയുന്നു പിന്നെ പ്രോചനയാണെന്ന് പറഞ്ഞു അനുവജനീയം എന്ന് പറയുന്ന അദ്വൈതി മാത്രേ പറയൂ അനുവജനീയത എന്ന് പറയുന്ന ഒരാളെ പറയൂ ആര് അതാണ് നേരത്തെ പറഞ്ഞത് ഇവിടെ ഭാവതികാലം പറഞ്ഞത് അതസ്ഥാത് ഉപബാധിത മുമ്പ് ഞാൻ ആ കാര്യം വ്യക്തമാക്കി അതിനാണ് മരുമരിചയുടെ ഉദാഹരണം പറയുന്നത് അവിടെ കാണുന്ന ജലം അനുവചനീയമാണ് എന്തുകൊണ്ട് സത്വന്നോ അസത്വന്നോ സദസത്തന്നോ അതിനെ നിർവചിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അണർവാച്യം അനർഥം മിഥ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്തൊന്നും അസത്വം എന്നും പറ്റില്ല ഇതാണ് അദ്വൈതിയുണ്ട് പക്ഷേ ഈ മൂന്ന് പക്ഷത്തിനും പറഞ്ഞത് അദ്വൈതിയുടെ പക്ഷമുണ്ട അതുകൊണ്ടാണ് ഇവിടെ എന്തു പറഞ്ഞു ആദ്യം പറഞ്ഞ് കെ ജിത്ത് ആരോ പറയുന്നു ആരാണ് പറയുന്നതെന്ന് ഭാഷ്യകാരം പറഞ്ഞില്ല ഭാമതികാരനാ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ് കെ ജിത്ത് അതും ആരാണെന്ന് ഭാഷ്യകാരം പറഞ്ഞില്ല പിന്നെ പറഞ്ഞ് അന്യേതു മറ്റ് ചിലർ കേജിത്ത് എന്ന് വെച്ചാ ചിലര് രണ്ടാമത് പറഞ്ഞാലൊക്കെ കേജിത്ത് ചിലര് അന്യെന്നു വെച്ചാൽ മറ്റ് ചിലര് എന്ന് പറയുമ്പോ സ്വന്തം പക്ഷമാകും ഒരാൾ എഴുതുമ്പോ കേജിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം മറ്റൊരാൾ അപ്പൊ അത് സ്വന്തം പക്ഷാകും ഈ മൂന്നിന്റെ എവിടെയെങ്കിലും അനുവചനീയത്വം ഉണ്ട അനുറചനീയാണ് ഭാഷകാരന്റെ പക്ഷം ഈ മൂന്നടത്തം വരാൻ പിന്നെ ഇനി വേറെ ഒന്ന് അന്യത്ര അന്യധർമ്മ അധ്യാസ അധ്യാസം എന്ന് പറഞ്ഞാൽ ഭ്രാന്തി ഒന്നാമത്തെ പക്ഷത്തിൽ എന്താണ് ലക്ഷണിക വിജ്ഞാനവാദിയാണ് അവർ പറയുന്നത് ബാഹ്യമായ വസ്തു ഉണ്ടാകാം അത് പ്രത്യക്ഷമാകാം ആകാതിരിക്കാം അല്ലെങ്കിൽ ശൂന്യമാകാം ഉള്ളിലിരിക്കുന്ന വിജ്ഞാനം എന്ത് ചെയ്യുന്നു പുറമേ രജത രൂപത്തിൽ അതിനോ പറഞ്ഞു അപ്പൊ അത് ഭ്രാന്തിയാണെന്ന് പറയാം ആദ്യത്തെ കൂട്ടർ ഭ്രാന്തി എന്ന് രണ്ടാമത്തെ ഭാഷകാലം പറയുന്ന എന്താണ് എത്രയേത് അധ്യാസനിബന്ധനോ ഭ്രമ എന്ന് പറയുന്നു ഇവിടെ ഭാവധികാരം വ്യാഖ്യാനിക്കുന്ന അനുസരിച്ച് എന്താണ് ഇവിടെ ഭ്രമുണ്ടോ സാമതികാരം വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് രണ്ടാമത്തെ പക്ഷത്തിൽ ഭ്രഹ്മുണ്ടോ ഏ ഉണ്ടാമത്തെ ഇത് പാമതികാരന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഭ്രമം ഉണ്ടോ ഉണ്ടോ ദാമതികാരന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഭ്രമമില്ലേ എന്തുകൊണ്ട് ഇത് അഖ്യാതി ഭാഗമാണ് അഖ്യാതി എന്ന് വെച്ചാൽ അവിടെ ്രമില്ലെന്നാണ് പക്ഷെ ഭാഷകാരം ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ വർഷത്തിൽ ഭാഷകാരെന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് സ്മൃതി പക്ഷികാരൻ എന്താ പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിനു വയ്ക്കിയാലും എനിക്കറിയാൻ പറ്റും പക്ഷികാരൻ പറഞ്ഞ ഭ്രമമെന്നാണ് എഴുതിയിട്ടുണ്ടവിടെ ഭ്രമം ഞാൻ വായിക്കുമ്പോ നിങ്ങൾ എന്റെ വായനോ അവിടെ എന്താ എഴുതിയിരിക്കുന്ന വായിക്കാനും പറയാനും ഒന്നും അറിയത്തില്ല ഭ്രമ സാധാരണഗതിയിൽ അതൊക്കെ പഠിപ്പിക്കുമ്പോഴേ പഠിച്ചുകൊണ്ടിരുന്നവരെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു നിങ്ങളങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തിരിച്ചു ചോദിക്കാം എന്നാണെങ്കിലും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് ഈ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നു രണ്ടാമത്തേത് ഭാഷകാരം പറഞ്ഞിരിക്കുന്നു ഭ്രമാ ഭാമനീകാരം വ്യഖ്യാനിച്ചപ്പോ എന്ത് പറഞ്ഞു അത് പ്രത്യക്ഷം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ബ്രഹ്മമില്ലെങ്കി പിന്നെ അനോജനീയതയുണ്ടോ ഇനി മൂന്നാമത്തോ അന്യോ അവസാനത്ത് മൂന്നുപക്ഷോ അത് ഭാമതികാരെങ്ങനെ വ്യഖ്യാനിച്ചോ അത് അനിതാഖ്യാ അവിടെ ഭ്രമമുണ്ടോ ഏ ഇല്ല പക്ഷെ അനുവദനീയത ഉണ്ടോ അവിടെ ഭ്രമമുണ്ട് അനുവദനീയത ഇല്ല എത്ര തവണ പറഞ്ഞു ലതാഖ്യാതി എന്ന് വെച്ചാൽ അവിടെ ഭ്രമമുണ്ട് ഇല്ല അനുവദനീയം ഒരാളെ സ്വീകരിക്കത്തുള്ളൂ ആര് ഈ പറഞ്ഞ ഇപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായാ ഇവരെ പഠിച്ചൊക്കെ പോട്ടെ ഞാൻ ഈ പറയുന്ന മനസിലായ മൂന്ന് വർഷങ്ങളിലെ അവസാനത്തെ പക്ഷം ആരുടെയാ കാലി തൂക്കിയെടുത്ത് നിലത്തടിക്ക അനിതാഖ്യാതി കാർക്കികൻ്റെ ആണ് അവസാനത്തെ പക്ഷം അവിടെ ഭ്രമം ഉണ്ട ഇല്ല കാരണം കർക്കീന്മാർ അനുവദനീയത സ്വീകരിക്കില്ല അനുവദനീത ആരാണ് സ്വീകരിക്കുന്നത് ഇനി രണ്ടാമത്തെ പക്ഷം അവിടെ ഭാഷ്യത്തിൽ ഭ്രമം ഉണ്ടോ ഏ ഭാഷ്യത്തിൽ ഭ്രമമുണ്ട് എന്തുകൊണ്ട് ഭാഷ്യത്തെ എഴുതിയിട്ടുണ്ട് ഉണ്ടോ ്രഹ്മെന്ന് എഴുതിട്ടുണ്ടാ ഭാഷത്തില്ക്ഷഷ്യത്തില് അവിടെ ബ്രഹ്മം എന്ന് എഴുതിയിട്ടുണ്ട് ആ പുസ്തകം തന്നെ സംഭവിച്ചിരിക്കുന്ന അത് നോക്ക് വായിക്കാതന്നെ ഇതൊക്കെ തല പോകുന്ന കാര്യമല്ലാണോ പറയുന്നത് സിമ്പിളായ കാര്യങ്ങളാണ് പുസ്തകത്തിൽ ഉള്ള കാര്യം ഞാൻ വായിച്ചു പറയുന്നു ഇതെന്താ കൂടുതൽ ഭാഷയത്തിൽ ബ്രഹ്മം ഉണ്ടോ ക്ഷത്തിൽണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് അത് വേദാന്ത ഭാമധികാരൻ ബ്രഹ്മത്തെ അംഗീകരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം മാത്രം പറയുവോ കൂടുതൽ ചിന്തിക്കാൻ പോലും പറയുന്നതന്നെ മനസ്സിലാകുന്നില്ല നിങ്ങൾ കൂടുതൽ ചിന്തിച്ചെന്ന് മനസ്സിലാക്കുന്നു ആഖ്യാതില്ലാതി പറയുന്നു തെറ്റുകൂടാതെ പറയാൻ സ്വീകരിക്കുക ആഖ്യാതി ഈ ഖ്യാതി എന്നൊന്നും പറയരുത് അഖ്യാതി രണ്ടോ മാസമായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും പറയുമ്പോൾ തെറ്റിച്ചേ പറഞ്ഞു ആഖ്യാതിവാദി അഖ്യാതില്ലാത്ത ഭ്രാന്തി ഇല്ലാത്ത ഇപ്പൊ രണ്ടാമത്തെ പക്ഷത്തിൽ ഭാമതീകാരൻ ഭ്രാന്തി ഉണ്ടെന്ന് പറയുന്ന ഇല്ലെന്ന് പറയുന്നു ഇല്ല വളരെ സ്പഷ്ടം ഭ്രാന്തി ഇല്ലെങ്കിൽ അവിടെ അനുയോജനീയത വരും ഇനി ഒന്നാമത്തെ പക്ഷം അതാരുടെ പക്ഷം ആരുടെ പക്ഷം ക്ഷണികവിജ്ഞാനമായും എന്ന് ആര് പറയുന്നു ഇതൊന്നും ഭാഷത്തിൽ ഒന്നും ഒന്നും ഭാവധികാരം പറയുന്നതാണ് അപ്പൊ ആദ്യത്തെ പക്ഷത്തിൽ ഭ്രാന്തി ഉണ്ടേ നമ്മൾ ഇത്രയും വാഴത്തയില്ലാത്ത സാധനങ്ങളായിപ്പോയല്ലേ ആദ്യത്തെ പക്ഷത്തിൽ ഭ്രാന്തി ഉണ്ടോ ഞാൻ ഇപ്പൊ തന്നെ ഒരു പത്ത് പണം പറഞ്ഞിട്ടുണ്ട് ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞത് ആദ്യത്തെ പക്ഷത്തിൽ ഭ്രാന്തി ഉണ്ട് ഈ ഭാഷ ഭ്രാന്തി എന്ന് എഴുതിയിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അത്യാസവും എഴുതിയിട്ടുണ്ടോ എന്റെ അർത്ഥം ഭ്രാന്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നാമത്തെ പക്ഷത്തില് പറഞ്ഞോ ഒന്നാമത്തെ എന്താ എഴുതിയിരിക്കുന്നത് നോക്ക് അത് പുസ്തകം കൂടെ നോക്കണം നമ്മള് പുസ്തകം നോക്കാതെ വെറും വായു നോക്കികളായിപ്പോയി അതിനൊന്നും പഠിക്കാൻ പറ്റിയിട്ട് പുസ്തകം നോക്കേണ്ട സമയത്ത് പുസ്തകം നോക്കണം അവിടെ എന്താ ഞാൻ പറയുമ്പോൾ എന്റെ വായു ഒന്നാമത്തെ പക്ഷത്തിൽ അധ്യാസം എഴുതിയിട്ടുണ്ട് ഭ്രാന്തി അംഗീകരിക്കുന്നു പക്ഷെ അനുവചനീയത അവരംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞു ഒന്നിനും രണ്ടിനും മൂന്നിനും അനുവദനീയതയെ അംഗീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അനുവദനീയത അദ്വൈതി മാത്രേ അംഗീകരിക്കൂ വേറെ ആരും ഈ പഠിച്ചനുസരിച്ച് മനസ്സിലായോ അത് പാമതികാരം എന്നല്ല പറഞ്ഞു മരുമരീച്ച് കയ്യിലെ ജലം സത്തല്ല സത് അസതല്ല അതുകൊണ്ട് അതിനടത്തും അനുവാചമിത്യുക്തം അണുവാച്യമാണ് പറഞ്ഞു ഒരേ കാര്യം തന്നെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞോ റെക്കോർഡിങ്ങായിട്ട് ദാസിരിക്കാത്തവരായ ശരി അവര് നിങ്ങളെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത് ഇത്രയും തവണ ഒരു കാര്യം തന്നെ ഞാൻ ആവർത്തിച്ചു ആവർത്തിച്ച് പറഞ്ഞിട്ടു മനസിലാക്കുന്നില്ല ഒന്നാമത്തെ ലക്ഷണം എന്താണ് ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് ഇതില് ബ്രഹ്മമുണ്ട എന്തുകൊണ്ട് വ്യത്യാസം എന്നുള്ളതുകൊണ്ട് ഭ്രമുണ്ട് രണ്ടാമത്തെ എന്താണ് പക്ഷം ഒന്നാം പുസ്തകം ഒന്ന് എന്താണ് കൈ ഇരിക്ക നഷ്ടമൊന്നും വരുന്നില്ല ഹെറുതയെങ്കിലും ഒന്ന് നോക്കിക്കള നോക്കിയെങ്കിൽ കളയും രണ്ടാമത്തെ പക്ഷം എന്താണ് ഇവിടെ ഭാഷ്യത്തിന്റെ ഭ്രമം ഉണ്ടാമതിയുടെ ഭ്രമുണ്ടാറി അപ്പൊ അവിടെ അനുരോചനീയത്വം ഉണ്ടാ ഇനി മൂന്നാമത് ഏതാണ് മൂന്നാ ഇതാരുടെ പക്ഷം അനന്ത് പേര് പറയും ശരി ഇവിടെ പ്രമോണ്ട അനുവജനീയത്വം ഉണ്ട് എന്തുകൊണ്ടില്ല എന്തുകൊണ്ട് ഇവിടെ അനുവേദത്വം ഇല്ല ആ അതാണ് ഇത്തരം അത് അതും ഇത് മാത്രേ സ്വീകരിക്കുന്നു ഈ പറയുന്നത് ഇത്രയും കുറച്ച് മനസ്സിലാക്കിയാലേ ഞാൻ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കാം കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഇത് മനസ്സിലായെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങളും മനസ്സിലാവും ഇത് മനസ്സിലായാൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവും അല്ലെങ്കിൽ അത് മനസിലാകത്തില്ല ഇവിടെ ഭാഷ്യത്തിൽ നോക്കുക ഇത്രയും പറഞ്ഞ സ്ഥലത്ത് ഇന്ന് വായിച്ചതുവരെ എവിടെങ്കിലും അനുഭവനീയതയുണ്ട ഭാഷത്തിലുണ്ടോന്നു ഭാഷത്തിൽ അനുവേദനീയത ഉണ്ടോ ഇല്ല ഒരിടത്തും ഇല്ല അഭ്യാസം ഉണ്ട് ഭ്രമമുണ്ട് എല്ലാം ഉണ്ട് അനുവേദന ഇല്ല പിന്നെ അനുവേചനീയത എവിടെ നിന്ന് വന്നു ഭാമികാരം പറയുന്നു ഭാമധികാരം പറയുന്നിവിടെ പറയുന്ന അനുവേചനീയതയാണ് എവിടെയുന്നു ഈ പറഞ്ഞ മൂന്ന് സ്ഥലത്ത് ഒന്ന് രണ്ട് മൂന്ന് പക്ഷങ്ങളിൽ എന്ത് പറയുന്നു അനുവേദന എന്തുകൊണ്ട് അനുവേദന ചെയ്യാന്ന് പറയുന്നത് സർവതന്ത്ര അവിരുദ്ധ അർത്ഥം സർവശാസ്ത്രങ്ങൾക്കും യോജിപ്പുള്ള കാര്യമാണെന്ത് സർവശാസ്ത്ര ഏതാണിവിടെ സർവശാസ്ത്രങ്ങളുടെ ഏതാണ് ഏതാണ് സർവശാസ്ത്രം എന്നോട് ഞാൻ ചെയ്യുന്നു ഈ പറഞ്ഞ മൂന്ന് പക്ഷങ്ങളും വേണമെങ്കിൽ വേറെയുള്ള കൂട്ടിച്ചേർക്കണം പക്ഷെ ഇവിടെ പറഞ്ഞ മൂന്നോടെ ഈ മൂന്ന് പക്ഷങ്ങളിലും സമ്മതമുള്ള കാര്യമാണ് എന്ത് അനിർവചനീയത എന്നാല് പറയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് അധികാരം പറയുന്നു ഈ പറയുന്ന മൂന്ന് പക്ഷത്തിലും അനിർവചനീയത സമ്മതമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ നിങ്ങളങ്ങനെ പറയും ഞാൻ പറഞ്ഞ കാര്യം പറയുന്നില്ല പിന്നെ ഞാൻ പറയാത്ത കാര്യം പറയാ പറഞ്ഞ കാര്യം പറയാത്തവര് ഞാൻ പറയാത്ത കാര്യം പറയും ഒരിക്കലും പറയപ്പെട്ട അങ്ങനെ എനിക്ക് യാതൊരു വ്യാമവും ഇല്ല ഞാൻ വേറെ ചോദിച്ചെന്നേള്ളൂ പറയൂ എന്നറിയാം അപ്പൊ ഇവിടെ വളരെ എന്താണ് വ്യക്തമായി കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസിലായി മനസിലായത് ഈ ഖ്യാതികളെ കുറിച്ച് പറഞ്ഞ പാദങ്ങളൊന്നും മനസ്സില്ലെങ്കിലും ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി ഇവിടെ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ കാരണം ഭാഷത്തിൽ ഇത്രയൊക്കെ മനസ്സിലാക്കാവുള്ളൂ ആ കാര്യമാണ് ഞാനീ പറയുന്നത് ഭാമതിയിൽ വളരെ വിപുലമായൊരു ചർച്ച വന്ന് അതൊന്നും നമ്മുടെ മനസ്സിൽ കയറിയില്ലെങ്കിലും ഭാഷയത്ത് പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോ ഭാമതിയുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ ഭാഷ്യം കുറച്ചുകൂടെ വ്യക്തമാകും വിചാരിച്ച് ഭാഷയത്ത് പറയുന്ന കാര്യം തന്നെയാണ് ഭാമതി പറയുന്നതെന്ന് പറയാൻ പറ്റില്ല വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും